ഒരു കൂട്ടമായി നിങ്ങളെ ഒരുമിച്ചു കൂട്ടുന്ന ദിവസം അത് നഷ്ടങ്ങളുടെ ദിവസമാണ് അള്ളാഹു സുഹാനഭൂവച്ച ആലയിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻറെ തിന്മകളെ അവൻ മായ്ച്ചുകളയുകയും അവനെ താഴെയായി അരുവികളൊഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ എന്നേക്കുമായി പ്രവേശിപ്പിക്കുകയും ചെയ്യും അതാണ് മഹത്തായ വിജയം